പിന്നീട് നീ എല്ലാ ഫലങ്ങളിൽ നിന്നും ഭക്ഷിക്കുക നിന്റെ രക്ഷിതാവിന്റെ വഴികളിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുക അവയുടെ വയറുകളിൽ നിന്ന് വിവിധ നിറങ്ങളിലുള്ള ഒരു പാനീയം പുറത്തുവരുന്നു അതിൽ മനുഷ്യർക്ക് ശമനമുണ്ട് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ തീർച്ചയായും ഒരു ദൃഷ്ടാന്തമുണ്ട്